ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും ആകാശത്തുനിന്ന് വെള്ളമിറക്കി അതിലൂടെ നിങ്ങൾക്ക് ഉപജീവനത്തിനായി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തവൻ അള്ളാഹുസ്ബഹാനഹുതായാലാണ് അവൻറെ കൽപ്പനയാൽ കടലിൽ സഞ്ചരിക്കാനായി കപ്പലുകളെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിത്തന്നു പുഴകളെയും അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിത്തന്നു